മൂസ അലിഹിസ്ലാം പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ നീ ഫിർഅൌനും അവൻറെ സദസ്സുകാർക്കും ഐഹിക ജീവിതത്തിൽ അലങ്കാരങ്ങളും സമ്പത്തും നൽകിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ മാർഗത്തിൽ നിന്ന് അവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കാനാണത് ഞങ്ങളുടെ രക്ഷിതാവേ അവരുടെ സമ്പത്തിനെ നീ നശിപ്പിക്കുകയും അവരുടെ ഹൃദയങ്ങളെ നീ മുദ്രവയ്ക്കുകയും ചെയ്യണമേ അങ്ങനെ വേദനയേറിയ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കാതിരിക്കട്ടെ